റിവെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് പ്രപഞ്ചജ്ഞാനം പ്രപഞ്ചജ്ഞാനം നമുക്ക് പ്രതിവിഷയം പ്രതി ബന്ധം എന്നാണ് ഗുരുദേവൻ തന്നെ പറയുന്നത് അതായത് പ്രപഞ്ചത്തിൽ കാണുക കേൾക്കുക മണക്കുക രുചിക്കുക എന്നുള്ളത് ചെയ്തുകൊണ്ടേ ഓരോ ക്ഷണം ക്ഷണം നമ്മൾ നമ്മളുടെ സ്വത്വത്തിനെ മറന്നുകളാണ് എന്നാണ്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 ഇതിപ്പോൾ എങ്ങനെയാ മനസ്സിലാവുക അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി ഒരു എക്സൈറ്റ്മെന്റ് അറിഞ്ഞു ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് എന്തിനോടൊക്കെയോ ഉപമിച്ചുകൊണ്ട് നമ്മളുടെ നമ്മളുടെ ഒരു വ്യക്തിസത്തയെ ഞാൻ ഇന്നവനാണെന്നുള്ള ഒരു അഭിമാനത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന കുറേ വികാരങ്ങളെയും ചിത്തവൃത്തികളെയും കാണാം ഇതിനെയാണ് ഋഷികൾ ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞത് ചിജട ഗ്രന്ഥി എന്ന് പറഞ്ഞത് ग्रंथिया स्वानुभूति ऐसी वलिए विघ्न ई ग्रंथिय गुरदेव पर प्रतिबंध प्रतिवर बंधम प्रति विषय प्रतिबंधमे मेवन निजस्मृति निराकू प्रति विषय നമ്മൾ ലോകത്തിനെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വണത്തുകൊണ്ടും രുചിച്ചുകൊണ്ടും സ്പർശിച്ചുകൊണ്ടും അഭിമാനിച്ചുകൊണ്ടും സങ്കല്പിച്ചുകൊണ്ടും അതായത് ജാഗ്രത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും മണ്ഡലം രണ്ടിലും നമുക്ക് ദുഃഖം ഒഴിഞ്ഞു പോണില്ല രണ്ട് മണ്ഡലങ്ങളിൽ ഇരുന്നു നമ്മളുടെ ജീവിതം മുഴുവൻ ഈ രണ്ട് മണ്ഡലങ്ങളിലാണ് ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തി അവിടെ ഇരിക്കട്ടെ നമ്മളത് പിന്നെ കാണാം ജാഗ്രത്തും സ്വപ്നവും മനസ്സ് പകുതി വിരിഞ്ഞ സ്വപ്നം മനസ്സ് നല്ലവണ്ണം വിരിഞ്ഞ ജാഗ്രത് മനസ്സ് കൂമ്പി പോയാൽ സുഷുപ്തിയായി ലയിച്ചാൽ സുഷുപ്തിയായി സുഖമായി ഉറങ്ങി ഇപ്പോ പ്രപഞ്ചമാണ് നമ്മളുടെ ജാഗ്രത്തും സ്വപ്നത്തിനെയും കൂട്ടിയിട്ടാണ് പ്രപഞ്ചമെന്ന് പറയുന്നത് ഈ ജാഗ്രത്തും സ്വപ്നവും ആരനുഭവിക്കണോ ആരാണ് ഈ പ്രപഞ്ചത്തിനെ കാണുന്നത് ആരാണ് ഈ അനുഭവിക്കുന്നത് ആരാണ് ഈ വിഷയങ്ങളെ ഭുജിക്കുന്നത് ഉണരുന്നവനാരറങ്ങുന്നവനാർ ഉണ്ണുന്നവൻ ആര് പുണരുന്നവൻ ആര് എല്ലാത്തിനും ഉത്തരം ഞാനാണ് എനിക്കാണ് ഇത് വേണ്ടത് ഞാനാണ് ഇത് അറിയണത് ഞാനാണ് ഇത് അനുഭവിക്കണത് ഈ ഞാൻ എന്താണ് ഈ ഞാൻ എവിടെ നിന്ന് ഈ ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണെന്ന് ആരായുമ്പോ അകമേ പലതല്ലതേകമാകും അകലും അഹന്ത അകലും അഹന്തയാണ് നമുക്ക് പ്രധാനം ആരായഞ്ഞു നോക്കുമ്പോ ഈ അഹന്ത അകലുകയും शुद्धा चिप्रभाविप्रभाव या कह आत्मोपदेशक वाकू उपयोग चिप्रभावि चि वेर अभिमान वृत्ति यावन अभिम अहम अहम अहमेंट ईगो मूमेंट अगलमह अनेकयाल अहम पड़ा ഈ അഹന്ത അകലുമ്പോൾ അഹന്ത അടങ്ങുമ്പോൾ അഹന്തയുടെ അടക്കത്തിൽ അതിലയിക്കുമ്പോൾ ചിപ്രഭാവമാണ് നമുക്ക് അകമേ അനുഭവം പക്ഷെ നിശേഷം ഈ വാസന ഒഴിഞ്ഞു പോകുന്നവരെ ആത്മാനുഭൂതി പ്രതിബന്ധ ശൂന്യമായിട്ട് നമുക്ക് ഉണ്ടാവുന്നവരെ അകമുഖമായി ഈ ആരായൽ നടത്തിക്കൊണ്ടേയിരിക്കണം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 ശ്രീശങ്കറും പറയണത് കാക്കദന്ത പരീക്ഷാരൂപം എന്നാണ് കാക്കയ്ക്ക് എത്ര പല്ലുണ്ട് എന്ന് അന്വേഷിച്ച് പുറപ്പെട്ടു ഒരാൾ അതുപോലെ പുറമേ നിന്ന് ആരാഞ്ഞാൽ ഇവന് സത്യം കിട്ടില്ലെന്ന് മാത്രല്ല മായയാൻ പക ഭ്രമമേ കിടുന്നു മായ പക പോക്കണ പോലെ ഇയാളെ ഇട്ടു അന്വേഷിച്ചാൽ ഒരിക്കലും ഇയാളൊട്ട് സവനമൊഴിഞ്ഞു നിൽക്കില്ല പിറപ്പൊഴിഞ്ഞു നിൽക്കില്ല മൃദുവായി അമർന്നിരിക്കില്ല അതുമാത്രമായി നിൽക്കില്ല ഇയാൾ വീണ്ടും വട്ടം കറങ്ങും അലാത്ത സമം കറങ്ങിടുന്നു പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു ചുഴലും നമ്മൾ വട്ടം കറങ്ങും ഈ വട്ടംകറങ്ങൾ നിർത്താൻ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 പക എന്നൊക്കെ പറയണത് നമ്മള് ലോകത്തിൽ പറയണത് വെഞ്ചൻസാണ് ആ വെഞ്ചൻസ് എന്ന് പറയണത് അതായത് മനസ്സിന്റെ തന്നെ നെഗറ്റീവ് സൈഡ് നമ്മളെ പിടിച്ചു വിഴുങ്ങിക്കളയെന്നാണ് അതുകൊണ്ടാണ് ഒരിക്കലും അധ്യാത്മികം കപടയതിക്കു കരസ്ഥമാകുകയില്ല കപടയതി എന്ന് വെച്ചാൽ കള്ളസന്യാസിന്നല്ല അർത്ഥം ബഹിർമുഖമായ ജീവിതത്തിൽ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ലോകത്തിൽ വീരനായി ലോകത്തില് വലിയ ആളൊക്കെ ആയിരിക്കാം അയാള് പക്ഷെ അയാള് ഈ ആത്മവിദ്യയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇതും കൂടെ തൊപ്പിയിൽ ഒരു തൂവലും കൂടെ വെച്ചോട്ടെ എന്ന് പറഞ്ഞ് പുറപ്പെടാനുള്ള വഴിയല്ല അത് യഥമിയലും യതിവര്യനായിടേണം ഓരോ വാക്കും മന്ത്രമാണ് യഥമിയലും യതിവര്യനായിടേണം വീണ്ടും വീണ്ടും തന്നിലേക്ക് വരണം പ്രപഞ്ചത്തിൽ നിന്നും അതാണ് ഇന്നത്തെ വിഷയം തന്നെ ഇതാണ് അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലേക്ക് ഉള്ള യാത്രയാണ് പ്രത്യപ്രവാഹമാണ് അധ്യാത്മവിദ്യ പ്രത്യക് പ്രവാഹം പ്രപഞ്ചത്തിനെ കാണുന്നു കാണുന്ന വിഷയം കാണപ്പെടുന്ന വിഷയത്തിൽ നിന്നും കാണുന്നവനിലേക്ക് നമസ്കരിക്കണം നമ്മൾ ഭഗവാനെ നമസ്കരിക്കണം സ്തുതിക്കണം എന്ന് പറയണം എങ്ങനെയാ നമസ്കരിക്കേണ്ടത് ചോദിച്ചാൽ ഗുരുദേവൻ പറയണത് തെരുതരെ വീണു വണങ്ങി ഓതിടേണം എവിടെയാ വണങ്ങത് രമണ രമണ മഹർഷി രമണാശ്രമത്തിൽ ഒരിക്കൽ നടന്ന് പോകുമ്പോൾ ഒരാള് കാണുമ്പോഴൊക്കെ നമസ്കരിക്കും വീണു വീണും നമസ്കരിക്കും അപ്പൊ ഭഗവാൻ പറഞ്ഞു എന്തിനാ ഈ സർക്കസ് കാണിക്കുന്നത് അഭിമാനം ഉദിക്കാതെ ഹൃദയത്തിൽ അടങ്ങുന്നതാണ് നമസ്കാരം അല്ലാതെ ഈ പുറമേക്ക് കാണുന്നത് ഒരു എക്സസൈസിന് കൊള്ളാമോ എന്നുവെച്ചാൽ ചെയ്യേണ്ടന്നല്ല വേണ്ട വിധത്തിൽ അകമയ്ക്ക് ആ ഭാവം അഭിമാനം ഹൃദയത്തിൽ അടങ്ങുന്നതാണ് നമസ്കാരം അഭിമാന വൃത്തി ഉദിക്കുന്നിടത്ത് അടങ്ങുന്നതാണ് നമസ്കാരം അപ്പൊ നമ്മളിപ്പോ വേദാന്ത എന്ന് പറയുമ്പോൾ പ്രാപഞ്ചികമായ ജ്ഞാനത്തിൽ നിന്നും ഇന്ദ്രിയവേദ്യമായ അറിവിൽ നിന്നും അറിഞ്ഞിടുന്നവൻ്റെ ഉരുവിലേക്ക് തുടങ്ങുമ്പോൾ തന്നെ ഒരു സംശയവുമില്ലാതെ വഴി രാജമാർഗത്തിനെ ഞങ്ങൾ തുറന്നു കാണിച്ചു ആദ്യത്തെ വാക്കിൽ തന്നെ അനുഭൂതിമാന് അത് വിളിച്ചു പറയാനുള്ള ഒരു വ്യഗ്രത എല്ലാവരും അറിയട്ടെ എന്നുള്ള ഒരു വ്യഗ്രത ഇതിൽ കാണാം നമുക്ക് എല്ലാവരും ആ അനുഭൂതി ഉണ്ടാവട്ടെ ഓരോ പാട്ടിലും അമൃതമൂറിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഓരോ പദ്യത്തിലും അറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ് ആ ഉരുവ് ഉരുവെന്നുള്ള വാക്ക് തമിഴാണ് മലയാളം വാസ്തവത്തിൽ തമിഴും വലിയ വ്യത്യാസമൊന്നുമില്ല ഗുരുദേവന്റെ കൃതികളിൽ മുഴുവനും തമിഴ് വാക്കും മലയാളം വാക്കും സംസ്കൃത വാക്കും കലർന്നിട്ടാണ് ഇരിക്കണത് രൂപം എന്നുള്ള സംസ്കൃതം വാക്ക് തന്നെയാണ് തമിഴ് വരുമ്പോൾ ഉരു എന്നാവണത് ഉരുവം എന്ന് പറയും തമിഴിൽ രൂപം എന്നുള്ളത് പോയി ഉരുവം എന്നാവും അറിഞ്ഞിടുന്നവൻ തൻ ഉരുവെന്ന് വെച്ചാൽ അവിടെ രൂപം അവിടെ രൂപമില്ലേ അറിഞ്ഞിടുന്നവൻ പക്ഷെ അന്വേഷിക്കുമ്പോൾ നമ്മൾക്ക് ഈ ഞാൻ എന്നുള്ള വ്യക്തി അഭിമാനം തോന്നണുണ്ട് ഈ പ്രപഞ്ചത്തിനെ കാണണത് ഞാനാണ് വേദാന്ത വിചാരം എനിക്ക് ദുഃഖമുണ്ട് എനിക്ക് ദുഃഖത്തിന് ഒരു അറുതി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 ആ കടലിൽ അലവരുന്ന പോലെ ഞാൻ എന്നുള്ള അഭിമാന വൃത്തി ഉദിക്കുകയും അടങ്ങുകയും ഉദിക്കുകയും അടങ്ങുകയും ചെയ്യും നമ്മളുടെ അധ്യാത്മസാധന ഈ അഹം ശ്രദ്ധിക്കലാണ് അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ് ആ ഉരുവിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോവുകയും ഉരുവിലും ഒത്തു പുറത്തുമുജ്വലിക്കും ആ പുറത്തും ഉജ്വലിക്കും എന്നുള്ള ഇപ്പൊ നമ്മൾ വിട്ടുകളയാം അത് നമ്മൾ അനുഭവത്തിന് ശേഷം വരണ കാര്യമാണ് സ്വാനുഭൂതി നമ്മൾക്ക് വേദാന്ത തുടങ്ങുമ്പോൾ പുറത്ത് എന്നുള്ളത് തന്നെ ഇപ്പൊ പുറത്താണ് നമുക്ക് അറിയാവുന്ന കാര്യം അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അത് വിട്ടുകളയാ തൽക്കാലം നമ്മളിലേക്ക് അകമുഖമായിട്ടുള്ള യാത്ര അന്തർമുഖമായിട്ടുള്ള യാത്ര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 तेरु कंजी उल श्रुति पराजिखानी स्वयंभूह तस्मा परांगश्य अंतरात्व अमृतत्म भगवा अलग स्वयंभु आये ब्रह्माव एमंद्रिये वचु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 प्रत्येगात्म ईक्ष प्रत्येगात्मा साक्षात् त स्वरूप ऐरन अद्वान पद्यू वो धीरन तेली सचिद अमृतमे धीरन अंतर्मुख अन अंतर्मुख आई वेल् नोक प्रा मुख्यमंत्री साधन आद्य ठट परमे का शरी प्रह्लाद भागवत आसीन संविश्ठ प्रभिधत् गर्भक आत्मज्ञान कूटे चौद्य गर्भको बुद्धि मेचो आर्क सय सं ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിക്ക് ആത്മവിദ്യ പകർന്നുകൊടുക്കാമെങ്കിൽ നമ്മൾക്കും ആ ആത്മജ്ഞാനം ഉണ്ടാവാൻ കാര്യമായിട്ട് ബുദ്ധിയൊന്നും വേണ്ട കൃപയാണ് വേണ്ടത് കൃപാസാക്ഷാത്കാരം എന്ന ശൈവ സിദ്ധാന്തത്തിലൊരു ഒരു ഒരു പദ്ധതി ആത്മസാക്ഷാത്കാരം ഈശ്വര സാക്ഷാത്കാരം അതിനും കൃപാസാക്ഷാത്കാരം എന്ന് പറയുന്നത് ആദ്യം കുറേയൊക്കെ ഈ അഭിമാന വൃത്തിയോടുകൂടെ സഞ്ചരിച്ച ശേഷം പിന്നെ മറ്റൊരു ശക്തിയെ നമ്മൾ നമ്മളുടെ അകത്ത് തന്നെ കാണുന്നു രമണ ഭഗവാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ അരുണാചലേശ്വരനെ അനുഭവിക്കണമെന്ന് വന്നു ആ അരുണാചല ശിവൻ എന്നെ എടുത്ത് എന്ന് ആശ്ചര്യം എന്താണെന്ന് വെച്ചാൽ നാരായണ ഗുരുദേവനും അരുണാചലത്തിനെ സ്തുതിച്ചുകൊണ്ട് ഒരു ശ്ലോകം അത് അരുണാചലത്തിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ പറയാൻ കാരണം അത് സദാശിവ ദർശനമോ പരമചിന്ത പരമശിവ ചിന്താദർശമോ എതിലോ ആണ് അവസാനം വരുന്ന ശ്ലോകമാണ് എന്താന്ന് വെച്ചാൽ അരുണാചലത്തിലുള്ള പുരാണകഥയാണതിൽ പ്രതിപാദിക്കണത് അടിക്ക് പന്നി പോയി നിൻ മടി മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായകാനമോ നമ ഈ എടുത്തു വിഴുങ്ങുക എന്ന് പറയുന്നത് ഇതേ സന്ദർഭം ഉപയോഗിച്ച് രമണ മഹർഷി പറയുന്നുണ്ട് അരുണഗിരിനാഥസ്വാമികളും പറയണ്ട് അദ്ദേഹം പറയണ്ട് ിയെ വിഴുങ്ങി വെറും താനായി നിലനത് തത്പരമേ രമണ മഹർഷി പല സ്ഥലത്തും വരണ്ട് സ്വയം തദ്ീഭവനം തധിക്ഷ ഊ ഊണാതൽ ഉണ്ടെ ശാർന്ന് ഉണവായേൻ ശാന്തമായി പോവൻ അരുണാചല ഈ അഭിമാന വൃത്തി കുറേയൊക്കെ അന്തരംഗത്തിൽ അന്വേഷണം ചെയ്യുമ്പോൾ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 അകമയിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ അതിന് മനസ്സിന്റെ അത് മനസ്സെന്ന് പറയുന്ന സ്റ്റഫല്ല അതിന് ചിത്ശക്തി എന്ന് പറയണു അതുകൊണ്ടാണ് ഗുരുദേവൻ ചിത് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചത് ചിത്പ്രഭാവം ഈ അഭിമാനത്തിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ അഭിമാനം അടങ്ങുകയും തത്സ്ഥാനത്തിൽ ഈ ചിത്പ്രഭാവം അവിടെ അറിയപ്പെടുകയും ചെയ്യും ചിത് സ്ഫൂർത്തി അവിടെ അറിയപ്പെടുകയും ചെയ്യും ഈ ഞാൻ എന്താണ് ഞാൻ ഞാൻ എന്നുള്ളത് എന്താണ് എന്ന് ആരാഞ്ഞു നോക്കുമ്പോ അഹമഹം എന്ന അനുഭവത്തിനെ ആരാഞ്ഞു നോക്കുമ്പോ അഹങ്കാരത്തിനെ തന്നെ അഹങ്കാരം ഒതിക്കുമ്പോഴാണ് ബാക്കി ഒക്കെ ഒതിക്കുന്നത് ഈ അഹങ്കാരത്തിനെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ആത്മാവനെ അറിയില്ല വിട്ടുകളയോ നമുക്ക് അഹങ്കാരത്തിനെ അറിയാലോ നമ്മളെ ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോ അപ്പോ പൊന്തി വരണ്ട് നമ്മളെ ആരെങ്കിലുമൊക്കെ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 ഒരു മാജിക് വാക്ക് ഉപയോഗിച്ചു നിങ്ങൾ അത് എൻ്റെ ഉള്ളിലുള്ള ഞാനിനെ സ്പർശിച്ചതും അപ്പ കാണാം സ്ഥൂലമായ പരിണാമങ്ങൾ കാണാം സൂക്ഷ്മമായി മാത്രല്ല എന്നെ പറഞ്ഞ ഉടനെ എൻ്റെ നാടിയും നരമ്പും വരിഞ്ഞു മുറുങ്ങി വയറിലൊക്കെ എരിച്ചൽ തുടങ്ങി രക്തം ചൂടുപിടിച്ചു ചിന്തിക്കാനുള്ള ശക്തി പോയി ഒരു ചെറിയ വാക്ക് ഈ ഹൃദയഗ്രന്ഥിയിൽ തട്ടിയ ഉടനെ നാഡീമഥനം പ്രമ പ്രമാധി എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയണ വാക്ക് പ്രമാധി മഥനം ചെയ്യുകയാണെന്നാണ് അട്രീഷൻ ചേർണിങ് കടഞ്ഞെടുക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയല്ലേ ഉള്ളൂ നമ്മുടെ ജീവിത പ്രശ്നം ലോകത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതല്ല എനിക്കുണ്ട് എന്നുള്ളത് മാത്രമാണ് സംസാരം എന്നെ ബാധിക്കണം എന്നെ പറഞ്ഞു എനിക്കുണ്ടായി എന്നെ കുറ്റം പറഞ്ഞു എന്നെ സ്തുതിച്ചു എന്നെ ആരാധിക്കണം എൻ്റെ മതത്തിനെ എല്ലാവരും സ്വീകരിക്കണം അതാണ് ഈ പൊരുതൽ ഒരിക്കലും അസ്തമിക്കില്ല ഗുരുദേവൻ പറയണത് ഇവിടെ പൊരുതി ഒരിക്കലും ഒടുങ്ങില്ല എന്നാണ് എന്നാലോ ഈ ലോകത്തിലാരും പൊരുതാതിരിക്കുമോ അവർ പൊരുതാതിരിക്കൂല കാരണം പൊരുതൽ ഒരു സൈക്കളോജിക്കൽ നീഡാണ് ഈ അഹങ്കാരത്തിന് ജീവിക്കണമെങ്കിൽ പൊരുതണം പൊരുതൽ അവസാനിച്ചാൽ അഹങ്കാരം അവസാനിക്കും അഹങ്കാരത്തിന് ജീവിക്കണമെങ്കിൽ ഒരു ഫൈറ്റ് വേണം പുറത്ത് ആരെങ്കിലും ഒരാൾ വേണം ഇപ്പം രാഷ്ട്രങ്ങളൊക്കെ ചെയ്യുന്ന ടെക്നിക്കോ അതാണ് അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അസ്തമിക്കണമെങ്കിൽ വെളിയിൽ ഒരു രാജ്യത്തിൻ്റെ അടുത്ത് യുദ്ധം പ്രഖ്യാപിക്കും അപ്പം ഇവരൊക്കെ കൂടിക്കൊള്ളും നമ്മളുടെ നമ്മളുടെ സിനിമയൊക്കെ നോക്കൂ എല്ലാ സിനിമയിലും ഒരു സിനിമയെങ്കിലും ഹീറോ മാത്രമാണെങ്കിൽ ഓടുവോ വില്ലൻ വേണം അല്ലേ അപ്പോഴാണ് ഹീറോ മാത്രം ഒരു സിനിമ ഒന്ന് ആലോചിച്ച് നോക്കൂ ആരെയും കാണുമോ എല്ലാത്തിലും ഒരു വില്ലനെ കൊണ്ട് അത് ആ ഹീറോ വില്ലൻ എന്ന് പറയാനുള്ള എന്തോ സംഭവിക്കണോ ഒരു ക്രിക്കറ്റ് കളി കാണുമ്പോ നമ്മളുടെ രാജ്യം വേറെ ഒരു രാജ്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊന്നുണ്ട് നമ്മളുടെ രാഷ്ട്രം എന്നിട്ട് മറ്റുള്ളവൻ്റെ അടുത്ത് വിരോധം അതുകൊണ്ടാണ് ഇത്രയും ഉത്സാഹം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 ഒരു ജീവൻ മുക്തൻ്റെ സാന്നിധ്യത്തിലിരുന്ന് സത്യമറിഞ്ഞ് ആരാധന ചെയ്ത് മനസ്സിലാക്കിക്കൊള്ളുക തെളിഞ്ഞ് അറിഞ്ഞുകൊള്ളുക ഈ അറിവ് ആണ് ബലം ഈ അറിവ് നമ്മളിൽ ഉണ്ടാവുമ്പോൾ സകല ദുഃഖങ്ങൾക്കും അതൊരു അറുതി വരുത്തും നമ്മളെ പരമമായ ശാന്തിയിൽ പ്രതിഷ്ഠിക്കും നമ്മളുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ അസ്തമിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ ജ്ഞാനം ആത്മജ്ഞാനം